ജന്മദുലഭമതും സംസ് ശതകോടി ജന്മസുഹൃത പുണ്യാലതെ പറയുന്നത് ജഗദ്ഗുരുവായ ശങ്കരാചാര്യ സ്വാമികളാണ് സത്യിക്കണം കാരണം ഈശ്വരനെ കണ്ടാള ഈശ്വരൻ തന്നെയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം പറയുന്നു ഇത് ജന്തു നരജന്മതു ജന്തുക്കൊക്കെ നരജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസം ആ നരജന്മം കിട്ടുക അവിടെ അറിവുണ്ടാവുക ഈശ്വരനെ കാണാനുള്ള ത്വര ഉണ്ടാവുക പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാ സുഹൃദം കൊണ്ട് മാത്രമാണ് കിട്ടുന്നത് അതുകൊണ്ട് നേടേണ്ടത് ഈശ്വരനെയാണ് അത് ഭക്തിയോ കർമ്മമോ എന്ത് പേരിട്ടാലും വിരോധമല്ല ആ തത്വമാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ഇപ്പൊ കാണുന്നത് ഞാനാണ് ഇതിന് മുമ്പും ഞാനാണ് ഇനി പ്രപഞ്ചമില്ലാതായാലും ഞാൻ തന്നെ കാണും ഉറക്കത്തിലൊക്കെ ഞാൻ ചണ്ടാളോസ്തുജോസ്തു ഗുരുത്യേഷ മനീഷാ മാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എറുമ്പ് മുതൽ ബ്രഹ്മ വരെ ഒരറ്റ തത്വം മാത്രമേ ഉള്ളൂ അതിന്റെ പേരാണ് ബോധം ആ ബോധത്തെയാണ് നമ്മളെ കൃഷ്ണനെന്നോ ശിവനെന്നോം ബ്രഹ്മേദി പരമാത്മേതി ഭഗവാൻ ഭാഗവത് മാത്രം തന്നെ പറഞ്ഞു ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നൊക്കെ ആ തത്വത്തിന്റെ നാമങ്ങളാണ് എന്ന് മാത്രം ധരിക്കുക അപ്പോ ഭഗവാൻ ഉപദേശിക്കുന്ന ൂ ഞാൻ പറഞ്ഞാൽ ഈ കൊടത്തില് ആകാശമുണ്ട് മുകളിലും ആകാശമുണ്ട് ഈ കൊടത്തില് കൊടമങ്ങ് ഉടഞ്ഞാല് ആകാശം എന്താ സംഭവിക്കടത്തിലുള്ള ആകാശം മഹാകാശത്തിൽ ലയിക്കും ഇതുപോലെ ഈ ശരീരമാകുന്ന കൊടത്തില് ഒരു ബോധമുണ്ട് ഈ കൊടം ഉടഞ്ഞാൽ ഈ ബോധം പരമബോധത്തിൽ ലയിച്ച ഒന്നായി തീരലാണ് ഇതിലാണ് മുക്തി എന്ന പേരിൽ ഒക്കെ അറിയപ്പെടുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഇനി ഇത് എന്തായി നമുക്ക് അറിയാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചു ഞാൻ അതാണെന്നുള്ളത് നമുക്ക് എന്തുകൊണ്ട് അറിയുന്നില്ല അതിന്റെ കാരണമാണ് മായ ഈ മായയെ വിശ്വസിക്കുന്നത് മായ എന്ന് വെച്ചാൽ ഇല്ലാത്തതുണ്ടെന്ന് തോന്നിക്കലാണ് മായ സത്യസ്വരൂപത്തെ മറയ്ക്കും അതാണ് മായയുടെ അതിനാവരണം എന്ന് പറയും ഇല്ലാത്തതുണ്ടെന്ന് തോന്നിക്കുകയും ചെയ്യും അതിന് വിക്ഷേപം എന്ന് പറയും ഈ മായയുടെ നല്ലൊരു ഉദാഹരണം പറയാം യോഗവാസനത്തിൽ പറയും ഒരു രാജാവ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ കയറി വന്നു ഞാനൊരു മജീഷ്യനാണ് മാരിക്കുന്നത് അപ്പൊ എല്ലാം ഓ കറക്ട് അയാളെയിൽ പീരിക്കട്ടുണ്ട് ഈ പീരിങ്ങനെ ഒന്ന് ഒഴിഞ്ഞു രാജാവിന്റെ മുഖത്ത് പെട്ടെന്ന് രംഗമങ്ക മാറി ഒരാള് കുതിരപ്പുറത്ത് ഇങ്ങനെ ഓടി വരിക പറഞ്ഞു ഞാൻ സിന്ധുരാജാവ് തന്നതാണ് ഈ കുതിരയെ അങ്ങനെ സമ്മാനം തരാൻ അങ്ങനെ ഒന്ന് കേറും രാജാവ് കുതിരപ്പുറത്ത് കയറും രാജാവ് കുതിരപ്പുറത്ത് കയറിയപ്പോൾ കുതിര സാറും ഭയങ്കര ഓട്ടം രാജാവ് പേടിച്ചു നിയന്ത്രിക്കാൻ സാധിച്ചു പറ്റിയില്ല അവസാനം കുതിര ഒരു കൊടുങ്കാറ്റിപ്പെട്ടു അല്ല കൊടുങ്ക കാട്ടിലേക്ക് കയറി എങ്ങനെ കുതിരപ്പുറത്ത് ഇറങ്ങുന്നത് സംശയമായി രാജാവിന് അവസാനം പേടിച്ചിട്ട് അദ്ദേഹം കുതിരയിങ്ങനെ ഓടുമ്പോൾ മുകളിലുള്ള ഒരു മരത്തിൻ്റെ സഹായം തൂക്കിപ്പിടിച്ചു കുതിരയും കൂടി താഴെ വീണു താഴെ വീണപ്പോൾ കൊടുങ്കാട്ട് കൂരിട്ട് പരിചയമില്ലാത്ത പ്രദേശം വിശപ്പതി കലച്ചൽ അപ്പോൾ ഒരു പെൺകുട്ടിയെല്ലേ വന്നു ഭക്ഷണമായിട്ടാണ് വരിക എനിക്ക് ഇത്ര ചോറ് വരുമെന്ന് ചോദിച്ചു അവൾ പറഞ്ഞാൽ അത് ചോറ് ഇത് ഞാൻ എൻ്റെ അച്ഛനോട് പണിയെടുക്കുന്നുണ്ട് അച്ഛനെ കൊണ്ട് കൊടുക്കാൻ പോകുക ഇനി വലിയ തന്നെയാണ് ഞാൻ തരാം എന്നാ കല്യാണം കഴിക്കാമെന്ന് എന്നെ കല്യാണം കഴിച്ചാൽ അപ്പം ഇതായാലും വിദേശം ഇപ്പോൾ സഹിക്കാൻ പറ്റില്ല ഞാൻ നിന്നെ കല്ല്യാണം കഴിക്കാം ഇപ്പോൾ ചോറ് കിട്ടിയേ മതിയാവും കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞു അച്ഛാ ഇയാൾ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു ആ ഞാൻ കഴിച്ചു കല്യാണം കഴിച്ചു കുട്ടികളുണ്ടായി അങ്ങനെ കുറേ കാലം കഴിഞ്ഞു കുട്ടികളൊക്കെ വലിയ കുട്ടികളായി അപ്പം നാട്ടിലാകെ മഴയില്ലായ്മ ഭയങ്കര വരൾച്ച ഇദ്ദേഹം കുട്ടികളും ഭാര്യയായിട്ട് പുറപ്പെട്ടു ഒന്നും കിട്ടാനില്ല ഒന്നും കിട്ടാനില്ല അവസാനം എന്തിനാ ഒരു കൊടുങ്കാട്ടിൽപ്പെട്ട് കുട്ടികളൊക്കെ അലഞ്ഞു കുട്ടികളുടെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹം വിചാരിച്ചു ഇനി ജീവിച്ചിട്ട് ഇനി ആരും ചാടി രാജാവ് ചിതയിലേക്ക് അങ്ങോട്ട് ചാടിയപ്പോ അടുത്തിരുന്ന് ആരോ തടും താങ്ങി നോക്കിയപ്പോൾ ഞാൻ എങ്ങും പോയില്ല കൊട്ടാരത്തിൽ തന്നെ ഈ കൊട്ടാരത്തിൽ തന്നെ അപ്പൊ ഇവിടിപ്പോ കാലം കുറെ ഞാൻ ജീവിച്ചു എനിക്ക് ഭാര്യ ഉണ്ടായി കുട്ടികളുണ്ടായി കണ്ടില്ലേ എന്നിട്ട് കുട്ടികളുടെ ദാരിദ്ര്യം സഹിക്കുക വ്യാതെ ഞാൻ ചിന്തയിലേക്ക് ചാടി എന്ന് പറഞ്ഞാൽ ചാടിയില്ലേ ചാടിയപ്പ ഇങ്ങനെ ചരിഞ്ഞു ചരിഞ്ഞപ്പോ അവര് തടഞ്ഞു എന്താ അല്ല അവിടുന്ന് കൊച്ചു നേരമായിട്ട് ഈ ലോകത്തിലെല്ലാം തോന്നി ഇപ്പൊ മറിഞ്ഞു വീഴുവെന്ന് തോന്നിയപ്പോ ഞങ്ങള് താങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ കണ്ടതോന്നി ചോദിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പോവാ എന്റെ മനസ്സിൽ കണ്ട സ്ഥലത്തേക്ക് പോവാ എല്ലാരെ കൂട്ടി പോയി മനസ്സിൽ കണ്ട സ്ഥലത്തേക്ക് പോയി അപ്പൊ അതേ കാട് അതേ മരം അങ്ങനെ പോയി അപ്പൊ ഒരാളിങ്ങനെ ഉറന്ന് നിലവിളിക്കുന്നു അയ്യോ എന്റെ മോള് പോയെ എന്റെ കുട്ടികൾ ചത്തേ മോളുടെ കല്യാണം കഴിച്ചാൽ പോയെ അയ്യപ്പ തനിക്ക് കണ്ട പരിചയം സ്വപ്നത്തെ കണ്ട പരിചയമുള്ള ആളാ ഇറങ്ങി ഇതാണ് നിങ്ങൾ കരയുന്നത് അയ്യോ എന്റെ മോളെ ഒരാള് വിവാഹം കഴിച്ചു അയാള് പോയി അയാൾ എവിടെ പോയി അപ്പൊ ഈ കഥയൊക്കെ പറഞ്ഞപ്പോ രാജാവോട് തോന്നി സ്വപ്നത്തിൽ താൻ അനുഭവിച്ച കഥയായിരുന്നു പറയുന്നത് അപ്പൊ രാമൻ വസൃഷ്ഠനോട് ചോദിച്ചു ഇതെങ്ങനാ ശരിയാവാൻ ചോദിച്ചു ഇയാള് സ്വപ്നത്തിൽ കണ്ട കഥ മറ്റവര് സത്യം പോലെ പറഞ്ഞു ഇതെങ്ങനാ ശരിയാവു അപ്പം വസിഷ്ടം പറ്റി രാമ ഇതൊക്കെ മനസ്സിന്റെ വിക്രികളാണ് വെറും വ്യാപൃക്ഷികഥ മനസ്സിൽ കിട്ടുന്ന അതേ സംഭവങ്ങൾ അയാൾ പറഞ്ഞത് ഇതിന് കാര്യകാരണ ബന്ധമൊന്നുമില്ല യാവൃച്ഛിയാണ് ഇതാണ് മായ ഇതങ്ങ് മനസ്സിലാക്കിയ മനസ്സിൻ്റെ പരിഭ്രമം മുഴുവൻ തോന്നുന്നു പക്ഷേ നമുക്കിത് മനസ്സിലാവില്ല എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല എന്ന് മായയെപ്പറ്റിയും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഭാഗവതം വന്ന മഹാപുരാണം ആ മഹാപുരാണത്തിലെ സർക്കം വിസ്രക്കാൻ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇതായി തുടർന്നുള്ള അധ്യായങ്ങളൊക്കെ അതും പറഞ്ഞു കഴിഞ്ഞു ഇനി തൃതീയ സ്കന്ധത്തില് മറ്റ് ഗ്രഹങ്ങളായ വിഷയങ്ങളും പ്രവിഷ്ടേന തൃദ്ധിമൽ യന്ത്രോ ഭഗവാൻ അഖിലേശ്വര പൗരവേന്ദ്രഗൃഹം ഹി വാത്മസാൽ രാജോവാച കുത്രുർഭവതാ മൈത്രേണമ കണയമ പ്രഭോ മഹ്യൽപ്പർോദയസ്ഥ വിതുരസ്യാമത്മന തസ് വരീയസി പ്രശ്നസാധുവാദോപംത സൃഷിവര്യോയം പൃഷ്ടോരാജ പരീക്ഷിത പ്രഹതം സുബുവിൽ പ്രീതാൽത്മാശ്രൂയത ശ്രീശുഗൗവാച യു രാജസ്വസുതാധൂൻ പുഷ്മധർമ്മേണ വിനഷ്ടി ഭതുരീയവിഷ്ട സുതന്ധൂൻ പ്രവേശ്യ ലാക്ഷാഭവദ യ സഭരുദേവ്യാഭിമരിശം സുതകർമ്മ ഗഗ്യം നരയാമാസ നൃപ്ഷാസ്വാശ്രൈർഹരന്ത കുചകുങ്കുമാനി ദ്യൂതേ ത്വധർമ്മേണ ജിതയ സാധോ സത്യാവലംബ് വന്നഗതസ മയാ ദാൽസമയ ദാ തമോജുഷാണോ യാത ശത്രോ യഥ സഭയാം ജഗദ്ഗുരുയാ ജഗാത മതാനി പുംസാവമമൃതായ രാജോരുമേനേക്ഷത പുണ്യലേശ യോ ബഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രയ പൃഷ്ടില പൂർവജന അഥാഹതന്മന്ത്രദൃശാന് വരീ അണ്യന്മന്ത്രണോ വൈദുരികം വദന്തി അജാത ശ്രോ പ്രതിയക്ഷയം തിരിക്ഷതോ ദുർവിഷഹം തവാഗ സഹാനുജോ എത്രോദരാഹിഷ്വസന്ഷാ ത്മലം ബിഭേഷി പാർസ്തുവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതമാൻ സക്ഷിരിവദ സൗരു ദോ വിനിർജിത ശേഷമൃദേവേവ സ ഏഷ ദോഷ പുരുഷ ദ് ഗൃഹാന് പ്രവിഷ്ടോയമപത്യമ പുഷ്ദ്വിമുഖോ ഗതശ്രീ തയാ ഇൂചിവാംസ്തുധനേന പ്രവൃദ്ധ ഗോപസ്ഫുരിധരെണ അസൽക്കൃത സത്സൃഹണീയശീല ക്ഷത്ത സർനുജസൗബല കയന മത്രോപജു ജിംഹം ദാസയാസുതം യലിനസ്ൻ പ്രദീപരകൃത്യ ആസ്തേ നിർവാസ തമാശു പുരാച്ഛസാന സൈദ്ധമത്യുൽബണകർ ബാണയർ ഭൂ സ്വയംധനുർദ്വാരിനിധായയാംഗതവ്യതോയാദുരുമാനയാണ സനിർഗൗരവുണ്യലധോ ഗഹയാതീർ പദ പദക്രമൽ പുണ്യചിഗേഷ്യാസ്വധിഷിതോയാ സഹസ്രമൂർത്തി പുരേഷു പുണ്യോപനദ്രിഗുഞ്ചേഷവംഗു സരിസരസ്സു അനന്തലിംഗയ സമലംകൃത ജീർ തേഷന ഗാമ്പര്യടൻ മേധ്യവിവിസ് സദാ പ്ലുതോധശയോവധൂത അലക്ഷിത സ്വൈരവധൂത വേഷോ വ്രത ചേരെ ഹരിതോഷമാനി വ്രജന് ഭാരതമേവരുഷം കാളിനാവത് ഗതാവാൻ പ്രഭാസം താവസിമേക ചാഗാതപത്രമജിതന പാർ താധ ശുശ്രാവസുഹൃദ്ം വനൈ യഥാ വേണുജ വ സംശ്രയം സംസ്പർധയാ ദമുശോചൻ സരസ്വതീം പ്രത്യീയായ തൂഷണീം തൃതസോശനസോ മനോ പൃഥോരഥാനേരസിതോ തീർത്ഥം സുദാസ്യ ഗവാഗുഹ്യച്ഛാദ്ധദേവ സ ആശിഷേ വൈ അനാ ചേഹദ്വിയദേവേവൃതായ വിഷ്ണോ പ്രത്യമുഖ്യങ്കിതമന്തിരാണി യശനൽകൃഷ്ണമനുസ്മരന്തി തതസ്വതി വ്യക്തസുരാഷ്ട്രമർദ്ധം സീരമത്യാൻകുരുയാംശ കാലദ്യമുനമുപേത്യത്രോദ്ധവം ഭാഗവതം ദദർശ സ വാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേ പ്രാർത്ഥനയം പ്രതീതം ആലിംഗ്യാഥം പ്രണയേന ഭദ്രം സ്വാനൃക്ഷൽ ഭഗവത് പ്രജനം കച്ചിൽ പുരാണോ പുരുഷ സ്വഭ്യപാത്മാനു വൃത്തിയഹിതീർണ ആസാദൌ്യാ കുശലം വിധായണ കുശലം ശൂരഗേഹേ കച്ചിത്കുണം പരമസുഹൃനോ ഭാമസാസ്തേ സുഖമംഗശൌരി യോ വൈ സ്വസം പിതൃവത് ദതി വരാൻവധാനോ വരതർപ്പണേന കച്ചിത്വരുൂഥാധിപതിയതൂലം പ്രദ്യും ആസ്തേ സുഖമംഗവ വീരം രുമീ ഭഗവതോഭിഭേ ആരാധ്യപ്രാൻസ്വരമാതിസർഗേ കച്ചിത്സുഖം സ്പതവൃഷിഭോ ജാശാർഹകാമധി സ ആസ്തേ യ്യഞ്ചൽ ശതപത്രേത്രോ നൃപാസനം പരിഹൃത്യ ദൂരാൽ കച്ചിദ്ധരെ സൗമ്യസുത ദൃക്ഷാസ്തേ അഗ്രണീരഥി സാധു സാംബ അസൂദയം ജാമ്പതി വ്രതം ഗുഹയോംബിഗയാധൃഗ്രേ ക്ഷേമം സ കച്ചിഥാനാൽ ഗുണാൽ ലബ്ധധനൂരഹസ്യ േഭേഞ്ചസാധോക്ഷയ സേവതി തദീയാം യതിർ രാം കച്ചിത് ബുധസ്വസ്തി നമീമാവൽക്കുത്രോ ഭഗവത് പ്രധാന ഭഗവത് പ്രഭന്നൃഷണപദിതമാർഗാഷേത പ്രേമ വിഭിന്നൈര്യ കച്ചിച്ഛിം ദോജപുത്ര വിഷ്ണു പ്രജയാവ ദമാതു ാ വൈ സ്വഗർഭേണ ദധാരതേവം ത്രയീയഥിവിനമർം അഭിസ്വിദസ്തത്തെ ഭഗവാൻസുഖം വോയ സാ ത്വ കാമുഖോ നിരുദ്ധ യമാമനന്തി സ്മ ശബ്ദയോ നിമനോമയം സത്വതുരീയതം അഭിസ്വിതന്യേ ചമദൈവമനന്യവൃത്തനോരഥായ ഹൃദയഗസയാൽമ ചരുഷഗസ്വസ്തി ചരന്തി സൗമ്യ അഭിസ്വദോർഭ്യം വിജയാച്യുതം ധർമ്മേണ ധർമ്മ പരിപാടി സേതും ദുര്യോധനോദപ്യതയൽസഭ സാമ്രാജ്യലക്ഷ്മിയഷയാം വാദേവഘമീ ഭീമോ ഹിമ ദീർഘതമം വ്യുഞ്ചൽ യദം റണഭൂർണസേഹേ മാർഗദാശ്ചരോ വിചിത്രം കച്ചിശോധാരതയൂഥമാനങ്കാധന്വോ ഭരതാരിരാസ്തേ അലക്ഷിതോ യര ഗൂഢൂഢോ മായാതോ ഗിരിശസ്തുഷ യമാതസ്വിത്തനയൗ വൃധായ പാർത്ഥൈർവൃതൗ പക്ഷിണീവ റെയമൃധേ സ്വരിക്ധം പരാൽസുവർണ്രി വക്ൽ അഹോ വൃധ്രുയതയർ കാർ രാജ ഋഷി വര്യേണ വിന പിന്ന യേകവവീരോധിരോ വിജിഗ്യേധനുർമീയക്കുഭശ്ചതസ്ര സൗമ്യ അനുശോചേതമധപ്പതം ഭത്രേ പരേതായ വിഗ്രൂഹേയ നിരയാവിതോയനുഹൃസ്വുറിയ അഹം സ്വുത്രൻ സമനൂരഥേന സോഹം ഹരേമർ വിഡംബനേന ദൃശോ നൃണ ചാളയതോ വിലക്ഷ്യ പദവീം പ്രസാദച്ചരാമി പശ്യൻ ഗത വിസ്മയോത്ര നൂനം നൃപണം ത്രിമദോൽപഥാനം മഹീം മുഹുശ്ചായുഹുശാളയത ചൂഭി വധാൽ പ്രപന്നിജി ഋഷയേശോപ്യുപൈക്ഷതാഘം ഭഗവാൻകുരൂം അജസജന്മോൽപഥനാശനായ കർമാണകർത്തുഗ്രഹണായ പുംസം മന്വന്യഥോഹതി ദേഹയോഗം പരോ ഗുണാനമുദ കർമ്മതന്ത്രം തയ്യപന്ന അഖി ലോകമാനവസ്ഥിതുശാസനീ സ്വേ അർ ജാത സേതുവജസർത്തം സഹേ കീർത്തയ തീർത്ഥീർത്തേ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംതൃതിയസ്കന്ധേ വിധുരോദ്ധവ സംവാധ്യന്തോ ഭക്ഷത്രം ഉത്കണ്ഠ്യ സ്മാരതീശ്വര യ പഞ്ചാ നോമാത്ര ജയന്യസം ബാലഡി സേവസിന ജയസംഗം പ്രതിഭൂയാൽ ഭക്തപാദാവുസ്മരൻ സമൂഹമു കൃഷ്ണേ ഭക്തിയു वगेरने मक्त सादि नरपदा वलवोट फिना सर्वंगमंजन मेरदशा आसिया पूर्णार्थो निष्ठदस्तेन स्नेहप्रस्रदम पुलदसन के भगवन् लोगन लोगम रगादा विमज्य नेत्रे विद्रम प्रत्याहोतव उस्मयनस्य उद्धववाजा कृष्णद्वणिमलोजेगेनेयशो जगरेणा काकिन्दक कुशलं भोयाम यदशीषु वैश्रोम दभगो बदलोयमिदबोल रामवि ए सम्बसंतो विदुर्हरी मीनायमोडम इंगितज्ञा पुरप्रभुदायकारवचततुदा सातुदाम चव सर्वे भूदा वासमम देवस्य मायास्पटराय एयजान्यशदा भाम्य देहितेन वकीला न्युपालपनो हरे ப்ரஷியா தப்தத ப்ரஷியா தப்ததாம் அவது ப்ரஷாம் நிர்நாம ஆதாயாம்ந்தல ஆதாய அந்தரதாதி ஏது சவிம்பம் லோக லோயிரம் இம் மத்தரிய விகம் சொயோமாயா பரமசேதாய கீதம் விஸ்பராவன சொச ஸோவக தே பரம்பகம் பூரண பூஷணாங்கம் ய தர்ம சூரூபத ராஜ சூயே நிஷேதே சொஸ்தேனந்த லோக காசே ஜாதியேகதம் விதாது ஆல்வாக்சதவ அவசரமித்ய மன்னத ஏசியானுராகப்ளதாசராசல இலாவ லோகப் பதப்தமான பயஸ்தயோதி நிரனிப்ரவர்த்ததயோதஸ்தோ கிரயகத்தே சேஷா சஜாம்த்ர உபேஷதேரேசோ ரூமே அભ્યர்தமனேஸ்வர கம்பிதாத்மா ആവരേഷോ മദം ശൈതോഗിയ ജോവിയാതോ ഭഗവാനിതാഗ്നി മാങ്കേരപ്തി രസയൻ മവിടംബനമ്യതുസദേവഗേ വജയ വാസൂ വാസൂരി ഭയാദി വസ്സം പുരാദ്യ വാ സീരിദനന്ദവീര്യ ദിനോര ചേത സ്വരദോമമേത ദാഹ അദോവന്ദേ പിтро താദാംബകമസാദുര സംഗീതനാം പ്രസീദനം നവല നിസ്കൃതിനാം കോവാമോ സംഗ സരോജരേണം സ്പ്രതിവിചിതപമൻബജികന യോ വിസ്പരത് ഭൂവട പേരെ ഭൂവേ ഭാരംഗദാംദേനദരചകാരാ നിഷ്ഠാഹവതന രാജസൂയേ ജയേ ശ്രീകൃഷ്ണം ദശദോഭിസിതി യാം യോഗേന യോഗേന സംസ്പഹിയന്ത സം യോഗേന ഗസ്തര ദിരകംസഹേദാ തസൈ ൂഢിായം ഭാഗവതീശം ��려 Sepanye измен 型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型型 ദേവാദ്യം ഉത്താപ്യ ഉമായക അവസ്ഥതോയമ്പ ദേശതം അജായൻ വസവേന ഗോപരാജം യോതമേ വിക്തസ ജുഹാരസ്യ ശീരീശൻ സദ്വേം വിഭു വർഷീദേവജ കോമൽ പത്മമാനി ദേവി കുല ഗോത്ര ദീരാദമത്രേഡ രാധാോഗത്ര ആരോഗ്യനട സര സരസ്ത്രശികരേ നിഷ്ഠം മാനേന്ദ ജ്രീമംഗായൻ ഗളപതൻ ദേവേ ശ്രീനാമമണ്ഡലമണ്ഡനാശേവ പാവതി മഹാപ്രണേ പരമദേവ സംഹിതായ സംഗീർത്തനം ഗോവിന്ദ ഗോവിന്ദാ ശ്രീ ഉദ്ധവോവാജാന്ദാ സഹസാഗത്യപുരം സവിത്രോശീകേശ ആശംബല ദേവ സംവിദാനി പാത്യും ൂർധനിവർമോ വിധന സോദമിത് ഭഗമാനൃറ്റി പ്രഭുഗ്രമ പ്രിവിധസുരാം യഥേ വജ്ര വജ്രദ്രവൃത്തും ശക്ണോ യുഷാന്ത കീടാമൃഗോ നൂനമയം വധൂനം സുതം മൃഥേഖം പുരുഷാഗ്രസന്തം ദൃഷ്ടാസുനന്മിഥം ഗ്രഹധരിത്രയാ ആമന്ത്രനയാ ശേഷം തത്രരേവ കന്യാജയന ദൃഷ്ട് ഹരിമാർ ഉത്ഥായ സോ ജഗൃ പ്രകർഷ പ്രഗ പ്രവലോകൈ ആസ മുതേ സവിധജ്രേ പാണിനസ്വമായത്മതുലയാകൈകം ദശദശ പ്രകൃതിർവിഭൂഷയാ കാലമാഗതാൽവാദീനീകന്ധത പുരം അജിഖനൽ സ്വയം ദിവ്യം ശംസാം തേജാതിശ ശംബരം ദിവിധം ബാണം പുരം ബെല്ലുലമേമ അനിയാം ദവക്തീനവധി അധ തേ ഭ്രാതൃപുത്രണംക്ഷേത്രം ആവതാം സർ സുഃശാസന സൗബലാനം കുമന്ത്ര പാഗേന ഹത ശ്രീ ആയുഷാം ശ്രൂയോധനം ശയാനം ഭക്തരുമു നന്ദനന്ദ പശ്യൻഭുംഭാരോയ ദ്രോണ ഭീഷന ഭീമമൂലൈ അഷ്ടാദശക്ഷോഹിണി അഷ്ടാദക്ഷോഹിണി ആസ്തേ ബലം ദുർമം യദൂന മിഥോ യതേഷം ഭവിത വിവാദോ മധ്വാമ പ്രവിലോചനം നൈഷാമധോ വയ്യാനോ ജോ മയ യുദ്ധത്തെ അന്തർ ദേ സ്വയം സവൈദി അയാജയ ധർമ്മസുധം അശ്വമേധേർ മനുജയൻ വൃധവാൻ വധാനമാവലോകൂഷ കല്പയാ ചരിത്രേണീരിമം ജയ വാരമയൻ ക്ഷണ സ്ത്രീക്ഷണസൗഹൃദ തസേം രമമാണസംസരഗണൻ ബഹൂൻഗൃഹമേധേഷു യോഗു വിരാഗസമജായ ദൈവാധീനേഷ കാു ദൈവാധീന സ്വയം പുമാൻ കോ വിശംഭേദ യോഗ യോഗരമനുപ്രദ പുഗതാജിഫേർജ യുർഭോജകുമാരകേ കോവിതോവി ർത്തപോ ബഹുനാദജോജനകംബളം രഥാനം വൃത്തികരീമം തേ്യോതർ ുവിക്തമൂർ ശ്രീ ശ്രീമത്ഭാഗവത മഹാപ്രാണേ വാരമൃതി സ്വാത്മായാംസ്വതി മുപൃശ്യമൂലമുഭാവിശേ അഹം ജോക്തോ ഭഗവതേണാ ബദരീന്ദം സജ്ജീകൃഷ്ണ അഥാഭി പ്രേതം ജാനന്നരിന്ദമാ പൃഷ്ടോ അന്ഗമം ഭർത്തോ പാദവിശ്രേഷണാക്ഷമാ അദ്രാക്ഷമേകം വിജിന്യം ദൈതം പതിം സേനികേതം സഡസത്തം ൃതകേദമകേദനം ശ്യമാവംചനംക്ഷിണഘ്രി സരോർഹം അവാസൃതർഭകാശം അകൃഷം തിക്തൃത പിലം തസ്ൻ മഹാഭാഗവതോ തദ്വൈ ആയ സുഹൃത്തോക യയാരക്ത മുനേർ മുമോദ ഭാവാനദഗന്ധര ആശ്രന്മാമുരാഗ സമീക്ഷയാ ീഭവാൻ വാച വേദാഹമന്തേപന്നെ എത്തുരവാമന്യൈ സത്രേ പുരാവിശതൃജി കാമേന വസോ ത്വേ സേഷ ഭാവശ്ചരമോ ഭൻ ആതസ്തേ മനുഗ്രഹോ മദനുഗ്രഹോയൽ ആസാദിതസ്തേ മദനുഗ്രഹോയൽ യന്മാ ലോകാന് ഉത്സൃജന്തം ദൃഷ്ടിയശദാ പുരാമയാഭ്യേ പദ് നിഷൃായ സർഗേ ജ്ഞാനം വരം മന്മഹിമാവഭാ യൽ സൂര്യോ ഭാഗവതം വദത്തിയാദൃതോക്രമ്യ വംശ പരദക്ഷണ അനുഗ്രഹ ഭാജനോഹം സ്നേഹോത്ഥരോമാഖലിതാക്ഷരം മുഞ്ചൻശുജ പ്രാഞ്ജലി രാപഭാഷേ കോന്വിഷതേ പാദസരജഭാജാം ദുർഭോർഷ ചതുഹ തധാഹം ഭോജ നിഷേവണോർമാണീ കർമാണ്യനിഹസഭോ ഭവസേ ദുർഗാശ്രയോധാരം കാൽപ്പനോയൽ പ്രമുദായുധാശ്രയാ സ്വാൽപ്പതിർവി മന്ത്രേഷു മാം വേൽമുണ്ഠിതോധ പൃച്ഛേ പ്രഭോ മുനോമോഹയേ വരം സ്വാൽമന പ്രകാശം പ്രോവാചകം ഗ്രഹായന്ദർ മഹ്യംസ ഭഗവാൻ പരാ ആദിശാൽ പരമാം സ്ഥിതി ാരായണോ നരശ് ഭഗവാൻ മൃദു തീവ്രം തപോ ദീർഘം ശ്രീ ശുഖോ ആചുപാകൃം ദുഃസംവധം ഷഭാ വിസ്രംഭാഭ്യതരിഗ്രഹേ ശ്രീവിധുരോവാച ജ്ഞാനം പരം സ്വാൽപരഹ പ്രകാശം യഥാ യോഗേശ്വര ഈശ്വരസ് വക്തും ഭവാന്നോർഹിവിഷ്ണോർ ഭൃത് സുഭൃത്യാത്രശ്ചരന്തോവാച നനുജേതൗരോന് മേ സാക്ഷാ ഭഗവത് ആദിഷ്ടോ മറ്റ് ലോകോകം ജിഹാസദ്രീശുഖോവാച ഇതിരെണ വിശമൂർ ഗുണകഥയാൽ ശ്രീരാജോവാച നിധനമുപഗതേഷു വൃഷ്ടിഭോജേഷൂഥേഷു മുഖ്യ സത് കഥമവശിഷ്ട ഉദ്ധവോ യരവിതാകൃതി പ്രധീശ്രീശിവ്രഹ്മശാപാവശേന കാ മോഘവാഞ്ച്ഛിദം സുഖുലം നൂനം തയ്യന്ദേഹം അചിന്തയൽ അസ്മാോകാതുപരദേ മയ് ജനം മതാശ്രയം അർത്യുദ്ധവേ സംപ്ര ആത്മവദാം വരാ നോദ്ധവോ അന്ന വിമന്യൂനോ യൽഗുണേർ പ്രഭൂമ ദ്വൈനം ലോകം ഗ്രാഹയൻ നിഹ തിഷതും ത്രിലോകുരുണിഷ്ടോ ബദിശ്രമമാസാദ്യ സമാധി വിധുരോപ്യുദ്ധവാണ പരമാത്മന കീഡയോഹർമാണി ശ്ലാഘിതേഹന് തീരാണവർദ്ധനം അന്യേഷം ദുഷ്കരധരം പശൂനം വിക്ലവാത്മന ആത്മാനഞ്ചുരു ശ്രോ കൃഷ്ണേനേക്ഷി ഭാഗവതേ രുമ വിഖുല കാളി ഷ്ട്രീയെയും ഗാന്ധാരി ദേവിയെയും കൂട്ടി ഭഗവാന്റെ ലോകത്തിലേക്ക് പോയ കഥ നാം അനുസ്മരിച്ചതാണ് കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ സാഹോദര്യ ബോധത്തോടുകൂടി അവരെ ഒരുമിച്ച് കൊണ്ടുപോവാൻ വളരെ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം സാഹോദര്യത്തിൻ്റെ സന്ദേശം ലോകത്തിലെ മുമ്പ് എമ്പാടും പ്രചരിപ്പിച്ചു കൊണ്ടൊരു തീർത്ഥാടകനായിട്ട് സഞ്ചരിച്ചത് ആക്കൂട്ടത്തിൽ യമുനാപുലിനത്തിൽ വെച്ചൊരിക്കൽ ഉദ്ധവനെ കണ്ടപ്പോഴാണ് ഭഗവാൻ അവിടുത്തെ അവതാരലീലകൾ ഉപസംഹരിച്ചു പോയിക്കഴിഞ്ഞു എന്ന് മനസ്സിലായത് അവസാന നിമിഷങ്ങളിൽ ഭഗവാൻ തന്നെ കുറിച്ചോർത്തു മൈത്രേയ മഹർഷിയെ സങ്കല്പിച്ച് വിളിച്ചു വരുത്തി എനിക്ക് ഉദ്ധവനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അത് നിങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ ഉദ്ധവന് പകർന്നു കിട്ടട്ടെ എന്ന് മൈത്രേയ മഹർഷിയെ ആ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ മനസ്സിൽ വളരെ ദുഃഖമൊക്കെ പക്ഷേ ജ്ഞാനേനാശമയൽ ക്ഷത്താ ഈശ്വര അവബോധത്തിലെ അവബോധത്തിലൂടെ തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ കൃഷ്ണവിരഹം കൊണ്ടുണ്ടാകുമായിരുന്ന ദുഃഖം അദ്ദേഹം ആനന്ദമാക്കി മാറ്റിയെടുത്തു മറ്റൊരു സഹായവും കൂടി ഈ ദുഃഖം മാറ്റാൻ അദ്ദേഹത്തിന് ഔഷധമായിട്ട് ലഭിച്ചു വേറെ ഏതായാലും മൈത്രേയ മഹർഷിയെ ചെന്ന് കാണണം തീർച്ച ഓ ഹരിദ്വാരത്തിനടുത്ത എവിടെയോ ആണ് മൈത്രേയ മഹർഷി താമസം വിതുരനാണെങ്കിൽ പോ ഉദ്ധവനാണെങ്കിൽ പോകുന്നത് ബദരീനാഥത്തിലേക്ക് അപ്പോൾ ഹരിദ്വാരം വരെ ഒരുമിച്ച് സഞ്ചരിക്കാലോ സജനങ്ങളുമായിട്ടുള്ള സംസർഗം കൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തെല്ലാം എന്തെല്ലാം ആനന്ദം അനുഭവിക്കാൻ സാധിക്കും അങ്ങനെ വിതുരൻ്റെ പ്രതീക്ഷ ഒട്ടും മങ്ങിയില്ല കാളിന്തീതീരത്തുനിന്ന് പുറപ്പെട്ട ആ തീർത്ഥാടകന്മാർ ഹരിദ്വാരത്തിലെത്തും വരെ ഭഗവാന്റെ ലീലകൾ പരസ്പരാനുകഥനം ആ രീതിയിൽ അനുസ്മരിച്ചു കൊണ്ടാണ് പോയത് ഉദ്ധവന് ഭഗവാന്റെ കൃഷ്ണാവതാര ലീല തൊട്ട് അവിടുത്തെ അന്ത്യ നിമിഷങ്ങൾ വരെയുള്ള തന്നെ ഇതാനുഗ്രഹിച്ചു ബദരീനാഥത്തിലേക്ക് പറഞ്ഞയച്ച രംഗം വരെയുള്ള കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കൽതുറുങ്കിനകത്തമ്മ കണികം മുതൽ കാത്താളനൈതണയാൽ കാൽ താർവിണ്ട ദിനം വരെ കണ്ണൻ കപട ഗോപാലൻ കാരുണ്ാഘനം ചെയ്ത കാര്യം സകലവും ജഗന്മോഹന മോഹനം ഭഗവാന്റെ ജഗന്മോഹനമാ ജഗന്മോഹന മോഹനമായ ലീലകൾ പാടിയും കേട്ടും രസിച്ചും അവരിതാ ഹരിദ്വാരം വരെ എത്തി അവിടെ വെച്ച് വിതുരനോട് വിട ചോദിച്ച് ഉദ്ധവൻ ബദരിനാഥത്തിലേക്കുള്ള യാത്ര തുടർന്നു വിതുരൻ ഇതാ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലെത്താണ് ശ്രീകൃതിര ഉചവാച ദിവാലി ആശഭുരൂ മൈതേയം അസൈന ഗാധബോധം അച്ഛത പപ്രഛസൌശീലുധൃത്തുഖായകർമാണി കരോതിന്യമൂയസ് ദുഃഖം യഥത്തുക്തം ഭഗവന് ജനസ കൃഷ്ടശീസ് ദുദുഖിത അനുഗ്രഹം ജനർജനമ ശരാജി ഭഗവാൻ യനപുംസാം ഹൃതിഥിഷക്തിഭൂത ജ്ഞാനം സത്വാധിഗമം പുരാണം കൂതികർമാണിതാവതാരോയാത്മതീഷ യഥാ സ സജ്ജാഗ്രതം നിനേഹ സംസ്ഥയ ഭക്തി ജഗദോ വിധത്തിയ യഥാസ്വേ ഇതം നിവേഷൻ ായണോയംഭവാനം ുഃഖാ തോചാരതോ കഥാണോ ശർമ്മദാ ഹരെ കഥാവ കഥാസാരമുഷ്മേ വർത്തു ശിവാജന്മസ്വധാന പ്രകീകക്തി ചകാര കർമ്മി അധികൂരിഷനീശ്വരാ കീർത്ത മഹ്യം ശ്രീശയോം സേ ഭഗവാസം ശ്രേയസാർത്ഥേന തമാ ബഹുമാനെയ സാധുവിഷ്ണു ദോകൃത്മനോദാത്മനഷ്ടീക്ഷത്രയവിഹീതോരണ്യഭാവേര യീശ്വര മാണ്ഡവിശ ഭഗവാൻ ജാത സത്യവതി ഭവാൻ ഭഗവതിയാം യസ്ഥ അനോപദേശായ ഭഗവാൻ ഭജൻ ീല യോഗയാസേ ആത്മാനുഷാൽ ശക്തി സാത്മീയം ജ്യോതിൽ വിഗുർവൻ പരവീക്ഷിം ആദ്യ താമ്പ ജ്യോതിഷം ഭൂമന സംഘർവൽ ബ്രഹ്മ വീക്ഷിം മഹിംഗമാംശയോഗംഖ്യം ഗുണാൻ വിധൂഢ്യത്തെ ദൃഷ്ടോ